സാധാരണ പറയാറുണ്ട് രാമകൃഷ്ണ പരമംസർ ഒരു കഥ പറയും ഒരച്ഛൻ ശ്രാദ്ധ വിട്ടണു അയാളുടെ അച്ഛൻ മക്കളുണ്ട് അദ്ദേഹത്തിന് വീട്ടിലൊരു പൂച്ചയുണ്ട് അപ്പൊ പൂച്ച ഈ ശ്രാദ്ധത്തിന് വെച്ച ആഹാരങ്ങൾ ഭക്ഷ്യങ്ങളും ഒക്കെ ചെന്ന് തൊട്ട് കളയും ഒരു ശ്രാദ്ധത്തിന് പൂച്ചയെ പിടിച്ച് ബാസ്കറ്റിൽ ഇട്ട് അടച്ചു എന്നിട്ട് ശ്രാദ്ധിട്ടി അടുത്ത വർഷമാവുമ്പോൾ നേരത്തെ കൂട്ടി തന്നെ ഈ പൂച്ച ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ബാസ്കറ്റിൽ ഇട്ട് മൂടി അപ്പൊ ഈ മക്കള് നല്ല ഭക്തിയോടെ അച്ഛനോടെ എന്തിനാ ചെയ്യണമെന്നൊന്നും ചോദിച്ചില്ല അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചു ശ്രാദ്ധാവുമ്പോ പൂച്ചയും മരിച്ചിരിക്കണു അപ്പൊ പുതിയ പൂച്ചയെ അന്വേഷിച്ചു പിടിച്ചു കൊണ്ടുവന്ന് ബാസ്കറ്റിലിട്ട് പൂട്ടിവെച്ചിട്ട് ശ്രാദ്ധോട്ടി എത്ര ചിലതൊന്നും അപശ്യന്ത അതിന് ഉള്ള യുക്തിയോ തത്വമോ ഒന്നും അറിഞ്ഞില്ല പിന്നെ എന്തിന് ചെയ്തു വൃദ്ധ വ്യവഹാര ദർശനാത് ഞങ്ങളുടെ മേലുള്ളവർ ചെയ്തു അതിൽ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും പക്ഷേ ചീത്ത ഉണ്ടാവും എന്ന് പറയാൻ വയ്യ നല്ലതും ഉണ്ടാവും നമുക്ക് മനസ്സിലാവാത്ത കാര്യവും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എങ്കിലും എന്തോരു ഭക്തി ശ്രദ്ധയോടു കൂടെ അവര് ചെയ്യണു ദേവാദീൻ പൂജയന്തി ശ്രദ്ധധാനതയായേ ദേവാദീൻ പൂജയന്തി അങ്ങനെയുള്ളവരുടെ ശ്രദ്ധ ഏത് കാറ്റഗറിയിൽ പെടും അതാണ് ഇവിടെ ചോദിക്കുന്നത് അർജുനൻ തേശാം നിഷ്ഠാ ദുഃഖാ കൃഷ്ണ നോക്കൂ നിഷ്ഠ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ് നിഷ്ഠാ ദുഃഖാ കൃഷ്ണ എന്നുവെച്ചാൽ സ്ത്രീകളാണ് ഒരു അനുഷ്ഠാനം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും അത്രേ ഒരു ജപം ചെയ്യാന്ന് വെച്ചാൽ തുടങ്ങുന്ന ആരായണിയും പാരായണവും ഒക്കെ ഇപ്പോ സ്ത്രീകളാണ് ഭാഗവതം എവിടെ പോയാലും തേശാം നിഷ്ഠു കാ അവരുടെ നിഷ്ഠ എന്താണ് സത്വം ആഹോ രജസ്തമ അവരുടെ നിഷ്ഠ സാത്വികമായ നിഷ്ഠയാണോ അഥവാ രാജസികമായ നിഷ്ഠയാണോ അഥവാ താമസികമായ നിഷ്ഠയാണോ ഇതാണ് അർജുനന്റെ ചോദ്യം ഇതിപ്പോ നമ്മളുടെ ഒക്കെ ചോദ്യാണ് ഞങ്ങൾക്കിപ്പോ ശാസ്ത്രവിധാനം ഒന്നുമില്ല ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യണ്ട് ഇതിപ്പോ ശരിയാണോന്ന് അറിയില്ല അപ്പൊ ഭഗവാൻ ഉത്തരം പറഞ്ഞില്ല അപ്രവിഭജ്യ പ്രതിഭജനം അർഹതി വിഷയമായ ഒരു ചോദ്യം ചോദിച്ചത് ഈ ലൗകിക വിഷയത്തിന്റെ ഉള്ളിൽ നേരിട്ടൊരു ഉത്തരം പറയാനേ പാടില്ല കാരണം അബ്രുവൻ വിബ്രുവൻ വാപി നരഹ് പറ എങ്ങനെ പറയണം എന്നുള്ളത് വളരെ വളരെ ചിലപ്പോ പറഞ്ഞാൽ കുഴപ്പാവും ചിലപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പാവും ചിലപ്പോ ഒരു കാര്യം പറഞ്ഞാൽ അത് വേറെ ഒരു സ്ഥലത്ത് നമ്മളെ റോങ് ആയിട്ട് ഉദ്ധരിച്ച് അവര് തെറ്റി ചെയ്യും അതുകൊണ്ടാണ് ധർമ്മ വേദങ്ങളൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും പറയില്ല പരോക്ഷ പ്രിയായുവേവാഹ പ്രത്യക്ഷദ്വിഷ ദേവന്മാരെങ്ങനെ പ്രത്യക്ഷദ്വിഷ എന്ന നേരിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണ് ഇങ്ങനെ മറച്ച് മറച്ച് മറച്ച് അങ്ങനെ കൊണ്ട് കൊടുക്ക ഇവിടെ ഭഗവാൻ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇതൊക്കെ ശ്രദ്ധയാണോ ഇത് ഭക്തിയാണോ ഇത് ഭക്തിയാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് കുഴപ്പം വരും ഈ പോണ അമ്പലത്തിൽ പോണവരൊക്കെ ഭക്തന്മാരാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കാലം ഇതിനു മുമ്പ് വന്നിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും അമ്പലങ്ങളിൽ തിരക്കിതിനു മുമ്പ് വന്നിട്ടില്ല ഇത്രയും ഇപ്പൊ ഇതുപോലെ ഒരു ഗീത ഇരുന്ന് കേൾക്കാന്ന് പറഞ്ഞാൽ വ്യാസഭഗവാനെയും ഞെട്ടിപ്പോയി കളയും ഇത്ര ആളുകൾ ഇരുന്ന് കേൾക്കുമ്പോ ഇപ്പൊ വ്യാസനെ നമ്മൾ വിളിച്ചോണ്ട് വന്ന് ഇവിടെ വന്ന് നിർത്തിയിട്ട് എത്ര പേരായിരുന്നു ഇപ്പൊ ഭഗവത്ഗീത കേൾക്കണത് നോക്കൂന്ന് പറഞ്ഞാൽ വ്യാസന് ഷോക്ക് കാരണം വ്യാസൻ പറഞ്ഞ് ഞാൻ എഴുതി വെച്ച് ഒരാളെ കിട്ടാതെ നടന്നിട്ടുണ്ട് പക്ഷെ കുറച്ച് ദിവസം വ്യാസൻ ഇരുന്നാൽ പറയും ഇപ്പോഴും ഒന്ന് രണ്ടാളെ ഉള്ളൂട്ടോ എന്ന് പറയും നിയമം മാറിയിട്ടില്ല എസ് എൻസ് എസ് നോട്ട് ചേഞ്ച് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അത്രേ ഉള്ളു ധാരാളം ആളുകൾ വരണമൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഇതിനെ നിഷേധിക്കാനും പറ്റില്ലേ സ്വീകരിക്കാനും പറ്റില്ല അപ്പൊ ഭക്തി ഈ ഭക്തി അമ്പലത്തിൽ പോണതിനെ നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല ഈ ഗിരിപ്രദക്ഷിണം ഇത്രയും ആളുകൾ വരണു ഞങ്ങളൊക്കെ ഫസ്റ്റ് വിചാരിച്ചു തിരുവണ്ണാമലെ പൗർണമിക്ക് ആരുമില്ലാതെ ഞാൻ പ്രദക്ഷിണം പോയിട്ടുണ്ട് തനിയെ ഇപ്പൊ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല ആർക്കും ഭാവന ചെയ്യാനൊക്കില്ല റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല അത്ര അപ്പോൾ ഒരിക്കലും ഞങ്ങൾ കുറച്ചുപേരായിട്ടിങ്ങനെ സംസാരിച്ചു പോവാ ഇത്രയും തിരക്കുവന്നു ഇവർക്കൊക്കെ പ്രയോജനപ്പെടുവാം ഇത്ര ആളുകൾ വരണോ ഇവർക്ക് ഈ ക്ഷേത്രത്തിന്റെ മഹിമ അറിയുവോ ഈ ക്ഷേത്രം നശിച്ചു പോകണോന്നല്ലാതെ ഈ തിരക്കുകൊണ്ട് എന്തു പ്രയോജനം ബിസിനസ് വളർന്നു ആളുകൾക്ക് ഇതൊക്കെയായി എന്ന് പറഞ്ഞു പോവാ പോകുമ്പോൾ കുറച്ച് ആളുകൾ രമണ മഹർഷിയുടെ സമാധി ഭഗവാന്റെ സമാധിയിലിരിക്കണു കുറെ ആളുകൾ ഈ തിരക്കിന്റെ ഇടയിലും അവിടെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കണ്ട് ഒരു ചെറുപ്പക്കാരൻ മഹർഷിയുടെ സമാധിയുടെ മുമ്പിൽ കണ്ണടച്ചിരിക്കണം ഞാൻ അത് മുമ്പിൽ പോയി നിന്ന് നമസ്കരിച്ചിട്ട് വരുമ്പോൾ ഇയാള് കണ്ണു തുറന്നത് എന്നെ കണ്ടു എന്റെ പുറകെ വന്നു ഞങ്ങൾ ഈ ചർച്ച ചെയ്ത നാലു പേരുണ്ട് ഇയാൾ എന്റെ അടുത്ത് വന്ന് മഹർഷിയുടെ ഉപദേശം എന്താണ് എന്ന് ചോദിച്ചു ഞാൻ ഒരു അഞ്ചു മിനിറ്റ് പറഞ്ഞു ഇപ്പൊ ഞാൻ ധരിച്ചത് ഇയാൾക്ക് എന്നെ അറിയാം അതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് ചോദിച്ചു എന്നെ എവിടെ കണ്ടിട്ടുണ്ട് എങ്ങനെ മനസ്സിലായി ഇല്ല അങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ എന്താ എന്റെ അടുത്ത് വന്ന് ചോദിച്ച് അയാള് പറഞ്ഞു അയാൾ എന്തോ പ്രശ്നം വെക്കോ ആരോ ഗുരുവിനെ കാണുവോ എന്തോ ചെയ്തിട്ടുണ്ട് അവരോട് പറഞ്ഞു അത്ര എനിക്ക് അധ്യാത്മമായിട്ട് ഒരു പുരോഗതിക്ക് ഒരു ഉപദേശം വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഗുരുവിനെയോ ആരെയോ ഒന്നും കിട്ടിയില്ല അപ്പൊ ആ ആള് പറഞ്ഞിരിക്കണു വലിയ സീരിയസ് ആയിട്ടൊന്നും ജ്യോതിഷമോ പ്രശ്നമോ എന്തോ പറഞ്ഞതാ മൂന്ന് പൗർണമിക്ക് തിരുവണ്ണാമലയിൽ പോയി പ്രദക്ഷിണം ചെയ്യ മൂന്നാമത്തെ പൗർണമിക്ക് മഹർഷിയുടെ രമണ മഹർഷിയുടെ സമാധിയില് ധ്യാനിച്ചിരിക്കുക കണ്ണു തുറക്കുമ്പോൾ ആരെ കാണണോ അവരടുത്ത് പോയി ചോദിക്കു പറഞ്ഞതാ ഞങ്ങള് ചർച്ച ചെയ്തോണ്ട് വന്നതാ ഇത്രയും ആളുകൾ വരണോ ഇവർക്ക് പ്രയോജനപ്പെടുവോ എന്നുവെച്ചാൽ പ്രയോജനപ്പെട്ടിരിക്കണു ശരി ഇങ്ങനെ ഒരാൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് ഈ വരണവർക്കൊക്കെ ഇവിടെ വന്നാൽ ഉപദേശം കിട്ടും നിയമം ഉണ്ടാക്കാൻ പറ്റുമോ അതും പറ്റില്ല അതുകൊണ്ടാണ് നടക്കുന്ന പ്രതിഭാസത്തിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ അങ്ങനെ ഒന്നും പറയാനും പറ്റില്ല ഇത് ശരി തെറ്റെന്ന് നേരെ ചൊവ്വയൊന്നും പറയാൻ വയ്യ അതില് കുറെ ആളുകൾ അതിലും രക്ഷപ്പെട്ടു പോവും ഇതാണോ മായ എന്ന് പറയണത് കുറെ കാര്യങ്ങളുടെ ഇടയിൽ ചീത്ത ആളുകളുടെ ഇടയിൽ ഒരാൾ നല്ല ആളുണ്ടാവും അതുപോലെ കുറെ കാര്യങ്ങൾക്ക് എന്തോ ഒരു ലക്ഷ്യം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അത് രക്ഷപ്പെട്ടു പോവും അപ്പൊ ഇവിടെ ഈ ശ്രദ്ധയെക്കുറിച്ച് ചോദിക്കുമ്പോ ഭഗവാൻ അതുകൊണ്ടാണ് ഉത്തരം പറയാത്തത് ഈ ചോദ്യത്തിന് ഉത്തരം ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഹേ അർജുന മൂന്ന് വിധത്തിലാണ് ശ്രദ്ധ അടുത്ത ശ്ലോകം നോക്കുക ശ്രീ ഭഗവാൻ ഉച്ച ത്രിവിധാവത്വികീ രാജസീവ താമസീ ചേതി താ ശൃു ത്രിവിധവതി ശ്രദ്ധ ഈ Shraddha ത്രിവിധാ ഭവതി മൂന്ന് വിധത്തിലാണ് ദേഹിനാം ജീവാനാം സ്വഭാവ അതാണ് നമ്മളിപ്പോ പറഞ്ഞ ബോൺ ഓഫ് ഹിസ് നേച്ചർ അയാളുടെ നേച്ചറിൽ നിന്നും അയാളുടെ പ്രകൃതിയിൽ നിന്നും ഉണ്ടാവുന്ന ഈ ശ്രദ്ധ സ്വഭാവ ശ്രദ്ധ മൂന്നു വിധത്തിലാണ് അത് സാത്വികം രാജസം താമസം അതാണ് സാത്വികി രാജസി ചെയ് താമസി ചെയ്തി ഈ മൂന്ന് വിധം ഇനിയിപ്പോ സ്വഭാവജന്ന് പറഞ്ഞല്ലോ വേറെ രണ്ടു വിധമുണ്ട് എന്താന്ന് വെച്ച സംഘജ ശാസ്ത്രജ മൂന്നു വിധ ശ്രദ്ധയുണ്ട് ഒരു ശ്രദ്ധ നമ്മളുടേതായിരിക്കില്ല നമ്മൾ ആരുടെങ്കിലും കൂടെ കൂടുമ്പോൾ അവരുടെ ഭക്തി കുറച്ചു നമ്മളെ പിടിക്കും ഒരു കണ്ടേജിയസ് അത് അവരെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പോവും ചിലർക്ക് ശബരിമലയ്ക്ക് മാലയിട്ട ഒരു ഭക്തി വരും കുറച്ചു അതുപോലെ സംഘം കൊണ്ടു ഒരു ശ്രദ്ധ ഒരു മഹാപുരുഷന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ശ്രദ്ധ വന്നു ശാസ്ത്രജ ശാസ്ത്രത്തിൽ ഇയാൾക്കൊരു ശ്രദ്ധയിട്ട് ശാസ്ത്രം പറയണു അതുകൊണ്ട് സ്വഭാവജ അത് ഉള്ളെന്ന് വരണം അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോ മന്ത്രോപദേശം സ്വീകരിക്കാനോ ഗുരുവിനെ കണ്ടുപിടിക്കാനോ ഒരു അധ്യാത്മ സാധന എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോഴൊക്കെ ഐ ഹവ് ടു വെയ്റ്റ് കാത്തുകൊണ്ടേയിരിക്കുക എന്താന്ന് വെച്ചാൽ ഈ സ്വഭാവം പറയും നമ്മളുടെ അന്തരംഗത്തിൽ നിന്നും കറക്റ്റായിട്ട് ഇത് തന്നെ ചെയ്യണം ഈ മാർഗമാണ് എന്റെ മാർഗം ഉപാസനയൊക്കെ തന്നെ സ്വഭാവത്തിന്റെ ആണ് ആ സ്വരൂപത്തിന്റെ അല്ല നമ്മളില് രണ്ട് കാര്യമുണ്ട് ഒന്ന് സ്വഭാവം ഒന്ന് സ്വരൂപം സ്വരൂപം എല്ലാവർക്കും ഒരേപോലെയാണ് എല്ലാവരുടെ ഉള്ളിലുള്ള ചൈതന്യം ചിത്ത് കോൺഷ്യസ്നെസ് ഒരേ വസ്തുവാണ് സ്വഭാവം പ്രകൃതി എന്ന് പറയുന്നത് ഒരാൾക്കും ഒരുപോലെയല്ല അതുകൊണ്ട് ജ്ഞാനം എല്ലാവർക്കും ഒന്നാണ് ഉപാസന എല്ലാവർക്കും വേറെയാണ് ഒരേ മന്ത്രം ജപിക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ ഉപാസനയുടെ സമ്പ്രദായം വേറെയായിരിക്കും എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിലാണത് സ്വഭാവത്തിലാണ് അതുകൊണ്ട് സ്വഭാവജം ആവണം ശ്രദ്ധ ശാസ്ത്രത്തിൽ നിന്ന് വരുന്നത് പോലും സ്വഭാവത്തിലേക്ക് ഇണങ്ങിച്ചേരണം ശാസ്ത്രത്തിൽ നിന്നുണ്ടാവുന്ന ശ്രദ്ധ സംഘം ആരുടെയെങ്കിലും കൂടെ കൂടുന്നത് കൊണ്ട് വരുന്ന ശ്രദ്ധ സ്വഭാവ സ്വാഭാവികമായ ഈ മൂന്ന് വിധത്തിലുള്ള ശ്രദ്ധയുണ്ട് ജന്മാന്തരകൃതഹ ധർമാതി സംസ്കാരവും മരണകാലെ അഭിവ്യക്തഹ സ്വഭാവ ഉച്ച മരണകാലത്തിൽ ഇതൊക്കെ കൂടെ പൊന്തി വരും അതായത് നമ്മള് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എവിടേക്കോ ഉള്ളിൽ കിടക്കണുണ്ട വാസന ഓഫ് ആവുമ്പോഴേ അവരൊക്കെ വരുള്ളൂ പൈലറ്റ് പൈലറ്റ് ഈ മുഖ്യപ്രാണൻ വരുമ്പോ ഈ ഫ്ലൈറ്റ് കൊണ്ടുപോകേണ്ട ആളുകളൊക്കെ വരണ പോലെ ഈ സ്വഭാവം എന്ന് പറയുന്നത് അഭിവ്യക്തമാവും അപ്പൊ ഞാനേ മരിക്കണ സമയത്ത് ഗുരുവായൂരപ്പനെ വിളിച്ചോളാം എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ ഒഴിച്ച് ബാക്കി എല്ലാരും വരും അപ്പൊ അപ്പൊ ഗുരുവായൂരപ്പനൊന്നും വരില്ല എന്താന്ന് വെച്ചാൽ സ്വഭാവം പ്രകൃതി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഉപാസന സാധന ചെയ്യാതെ ഈ സ്വഭാവം മാറില്ല സത്സംഗം മാറില്ല ഭക്തി ഇല്ലാതെ മാറില്ല ഭഗവത് ധ്യാനം ചെയ്യാതെ മാറില്ല അപ്പൊ ഈ ശ്രദ്ധാശക്തി ഏത് തരത്തിലാണോ അതിനെ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ശ്രദ്ധയെ ഭഗവാനിവിടെ പറഞ്ഞു ശ്രദ്ധാമയോയം പുരുഷ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ ശ്രദ്ധയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം സത്വാനുരൂപ സർവസ് ശ്രദ്ധ ശ്രദ്ധാമയോയം പുരുഷ സഹ ഒരു വളരെ പ്രഫണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണത് മനുഷ്യൻ ശ്രദ്ധാമയൻ ആണ് ഇത് പോം മുമ്പ് ഒരു കാര്യം ഭഗവാൻ പറഞ്ഞു വ്യവസായാത്മിക ബുദ്ധി നിശ്ചയാത്മിക ബുദ്ധി ഒരു കാര്യം നിശ്ചയിച്ചു നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മനസ്സിലുള്ള തീരുമാനങ്ങൾ എടുക്കും അതുപോലെ മനുഷ്യന് ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് സ്വഭാവത്തിന് സ്വഭാവത്തിന് രൂപമുണ്ടാവും സ്വഭാവത്തിനനുസരിച്ചാണ് ഇയാൾക്ക് ലക്ഷ്യബോധവും വരണത്തത് ഇയാളുടെ സ്വാഭാവികമായ പ്രകൃതി സത്വഗുണോദ്രേക ഉണ്ടാവുമ്പോൾ പതുക്കെ ഇയാൾക്ക് തോന്നും സത്സംഗത്തിലിരിക്കണം തോന്നും ഞാനും ഭാഗവതത്തിൽ മുച്ചുകുന്ദൻ പറഞ്ഞു ഭഗവാൻ ഒരു ആളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ അയാൾക്ക് സത്സംഗം കൊടുക്കണമെന്നാണ് അയാൾക്ക് സത്സംഗം കൊടുക്കണു മഹാപുരുഷ സമ്പർക്കം കൊടുക്കണം പതുക്കെ പതുക്കെ അയാള് ആത്മവിഷയകമായ വിഷയ വേദാന്ത വിഷയങ്ങള് ചെവിയില് വീണു ശ്രവണായോണ ശ്രുതി തന്നെ പറയണു കേൾക്കാൻ പോലും കിട്ടില്ലാപ്പാന്ന് ശൃണ് ബഹവോയംന വിദ്യുഹു കൊറേ കേട്ടാലും പലർക്കും കേട്ടിട്ടൊന്നും മനസ്സിലാവണില്ലല്ലോ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ശ്രവണം ഇനിയും ഉള്ളിൽ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി കുറെ വെള്ളം വീണ ചില സ്ഥലം കുഴിയും നിലം അല്ലേ അതുപോലെ ഈ ശ്രവണം ഉള്ളിൽ പോയി പോയി പോയി ഈ സ്വഭാവം പ്രകൃതിയെ ഭേദനം ചെയ്തിട്ടില്ല എന്നർത്ഥം പല ആളുകളും ഇവിടെ തന്നെ ഇരിക്കണവര് പലരും പറഞ്ഞു ആദ്യം കൊറേ പ്രാവശ്യം വന്നൊന്നും മനസ്സിലായില്ല കുറെ കഴിവ് ഇരുട്ടു റൂമിൽ കയറി ഇരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ കണ്ണ് അഡ്ജസ്റ്റ് ആയിട്ട് വസ്തുക്കളൊക്കെ കാണാൻ തുടങ്ങണ പോലെ ഈ വേദാന്ത വിഷയവും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങുന്നു മനസ്സിലാവാൻ മുമ്പ് മനസ്സിലാവാത്തത് ഇപ്പെന്തുകൊണ്ടും മനസ്സിലായി എന്ന് വെച്ചാൽ അത് കേട്ട് കേട്ട് കേട്ട് കേട്ട് ഉള്ളിൽ പോയി പ്രകൃതി അവിടെ അങ്ങനെ തളം കെട്ടി നിന്ന് ആ ശ്രദ്ധാമയമായിട്ട് തീർന്നു ചിത്രം ചിത്രം ശ്രദ്ധാമയമായിട്ട് തീർന്നപ്പോ അത് പതുക്കെ മേധ ഇവിടുന്ന് മേധയിലേക്ക് തെളിവുണ്ടാക്കി വസ്തു മനസ്സിലാവാൻ തുടങ്ങി എല്ലാം അങ്ങനെയാ സംഗീതം ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നെ ആദ്യമൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഈ രാഗം തോടിയാണ് ഭൈരവിയാണ് നമുക്ക് രാഗവും ഒരേപോലെ ഇരിക്കണം ഇതെങ്ങനെയാ മനസ്സിലാവണത് ഒന്നും മനസ്സിലാവണില്ല എന്തൊക്കെയോ താളം എന്ന് പറയണോ ഒരാൾ ചോദിച്ചു ഈ ആദി താളം എന്ന് പറയുന്ന രാഗം എന്താണെന്ന് ചോദിച്ചു അയാളെ കുറ്റം പറഞ്ഞ കാര്യമില്ല കൊറേ കഴിയുമ്പോ അയാൾ എല്ലാ താളവും പറയും എല്ലാ രാഗവും പറയും കുറെ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോ അത് പ്രകൃതിയായി എവിടെയോ കേൾക്കുമ്പോ തന്നെ രാഗം വരണു പിന്നെ അതിന്റെ ഉള്ളിൽ പ്രവേശിച്ച് പുതിയതായിട്ടൊക്കെ എന്തൊക്കെയോ കണ്ടുപിടിക്കോ ഒക്കെ ചെയ്യും അതെയേ അത്രേ ഉള്ളൂ അതുപോലെയാണ് ഈ വേദാന്ത ജ്ഞാനം എന്ന് പറയുന്നത് അത് ആദ്യം കേൾക്കണോ ഒന്നും മനസ്സിലാവണേ അത് ഇങ്ങനെ മേലെ കൂടെ പോകണം പതുക്കെ അതുകൊണ്ട് പലരും പറയും ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണല്ലോ അതാണ് വലിയ ആശ്വാസം അതെന്താന്ന് വെച്ചാൽ ഈ ശാസ്ത്രം അറിയണത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണ്ടാ നിങ്ങൾ ഇരുന്നുകൊണ്ടേ ഇരിക്കുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളിലുള്ള അന്തർയാമയുണ്ടല്ലോ മനസ്സിലാക്കും കുട്ടികൾ മനസ്സിലാക്കണുണ്ടോ നിങ്ങള് അവര് കേൾക്കുന്നുല്ലേ അവരെന്തെങ്കിലും കളിച്ചോണ്ടിരിക്കോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും നമ്മൾ വർത്തമാനം പറഞ്ഞതൊക്കെ ഉള്ളിൽ പോകേണ്ടാവും കുറെ കഴിയുമ്പോൾ അതൊക്കെ പുറത്തു വരും നമ്മൾ തന്നെ അത്ഭുതപ്പെടും ഇവരെവിടുന്നേ ഇതൊക്കെ കേട്ടെന്ന് ഇതൊക്കെ എവിടുന്നു മനസ്സിലാക്കി എന്ന് തോന്നും ഇങ്ങനെ ഉള്ളുപ്പം അതുപോലെ നമ്മൾ ഇങ്ങനെ ക്ലാസ് പോലെ എഴുതിയെടുത്തിട്ടൊന്നും അത് കയറില്ല എഴുതിയെടുത്ത് പഠിച്ചാൽ പഠിക്കാൻ പറ്റില്ല തെളിവ് നമ്മൾ തന്നെയാണ് സ്കൂളിൽ പഠിച്ചത് ആർക്കെങ്കിലും ഒരാൾക്ക് ഓർമ്മയുണ്ടോ ഹിസ്റ്ററി ചോദ്യം ചോദിച്ചാൽ ആരെങ്കിലും ഉത്തരം പറയുമോ പത്താം ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇന്ന ബാറ്റിൽ നടന്നു ഇന്ന യുദ്ധം നടന്നു അതിന്റെ വർഷം എഴുതി പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയ ആൾ ചോദിച്ച നമുക്ക് പറയുവോ വർഷം ഒന്നും നിശ്ചയില്ല അല്ലേ എന്താന്ന് വെച്ചാൽ ബുദ്ധിയില് കയറ്റി തുപ്പിക്കളഞ്ഞു പേപ്പറിൽ തുപ്പിയതോടെ കഴുകിയിട്ട് വന്നു അല്ലേ അപ്പൊ ഈ വേദാന്ത വിജ്ഞാനം ഉള്ളില് വരുന്നതിന് ആദ്യം ഉള്ളിലെ ശ്രദ്ധാഭക്തി ധ്യാനയോഗാദ് അവേഹി ശ്രുതി പറഞ്ഞു എങ്ങനെയാ ഈ ജ്ഞാനുണ്ടാവുക ശ്രദ്ധ ഭക്തി ധ്യാനയോഗാദ് അവർദ്ധയോടുകൂടെ ശ്രവണം ചെയ്ത് ശ്രദ്ധയും ഭക്തിയും വേറെയല്ല ശ്രദ്ധയും ഭക്തിയും ധ്യാനയോഗവും വേറെയല്ല ധ്യാനയോഗത്തിന്റെ മുൻപില് വരുന്നതാണ് ശ്രദ്ധ ആ ശ്രദ്ധ തുടർന്ന് ആദരവോടുകൂടെ പ്രവർത്തിക്കുന്നതാണ് ഭക്തി ഭക്തിയുടെ അനുഭവമാണ് ധ്യാനം അപചിത്തം ശ്രദ്ധാമയമായിട്ട് തീരുമ്പോ സത്വം സത്വമെന്ന് പറഞ്ഞാൽ സത്വഗുണമല്ല ഇവിടെ പറയണത് ഒരു ജീവൻ ഒരു പ്രാണന്റെ എക്സിസ്റ്റൻസ് അയാളുടെ നേച്ചർ വിശിഷ്ട സംസ്കാരോപേതാന്തരണാനുരൂപ സർവസ്യ പ്രാണിജാത ശ്രദ്ധ വിശിഷ്ട സംസ്കാരോപേത അന്തരണം ആദ്യം പറഞ്ഞല്ലോ സംസ്കാരം സംസ്കാരം യു ഹാവ് ടു ക്രിയേറ്റ് ആളുകൾ വിചാരിക്കണത് അത് അതൊന്നും പറ്റില്ല അതിങ്ങനെ കിട്ടുകയാണെങ്കിൽ എവിടെയെങ്കിലും എളുപ്പത്തിൽ കിട്ടുമോ ഒരാഴ്ച ഒരു കോഴ്സ് നടത്തിയാൽ കിട്ടുമോ ആ കോഴ്സ് ഒരു ചെറിയൊരു വൃത്തി ഉണ്ടാക്കും കഴിഞ്ഞു പിന്നെ തുടർന്ന് തുടർന്ന് തുടർന്ന് തുടർന്ന് ദിവസം രമണ ഭഗവാൻ ഒരു പാട്ടിൽ എഴുതി സന്തതം ശലിപ്പര് സന്തോഷമാകവേ സന്തതം ശലിപ്പര് സന്തോഷമാകവേ ഒരു അനുഷ്ഠാനം എപ്പോ ഇന്ന് മാത്രമല്ല ദിവസം അതുകൊണ്ടാണ് ഋഷികൾ ഈ മൂന്ന് നേരം അനുഷ്ഠാനം ചെയ്യ എന്ന് പറഞ്ഞു പ്രാതസന്ധ്യ മധ്യാഹസന്ധ്യ സായം സന്ധ്യ മുസ്ലിംസൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുക എന്തിനാന്ന് വെച്ചാൽ ഒരു സംസ്കാരം ഉണ്ടാവും അത്രയും നേരം ആരെയും ഉപദ്രവിക്കാതിരിക്കുമല്ലോ അഞ്ചു നേരം ഉപദ്രവിക്കാതിരിക്കും മൂന്ന് നേരം ഉപദ്രവിക്കാതിരിക്കും ആർക്ക് നമ്മളെ കൊണ്ട് ദ്രോഹമില്ല വിഷമല്ല അതെങ്കിലും ബെനിഫിറ്റ് അല്ലേ അതുമാത്രല്ല വാസ്തവത്തിൽ അങ്ങനെ ആരും ഇരിക്കണോ അവര് ഉപദ്രവിക്കില്ല ഉപദ്രവിക്കണവർക്ക് ഇരിക്കാനും പറ്റില്ല ഇരിക്കാൻ പറ്റാത്തത് ഉപദ്രവിക്കാനുള്ള വാസന ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സത്വം ഉണ്ടാക്കിയെടുക്കണം എന്നുവെച്ചാൽ ദാറ്റ് ഈസ് ദ സ്പ്രിംഗ് ബോർഡ് അവിടെ നിന്നാണ് നമ്മളെ വാസന സംസ്കാരമൊക്കെ എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധാമണ്ഡലം ശ്രദ്ധ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോ ശുദ്ധമായ ശ്രദ്ധയുടെ രൂപമാണ് അറ്റൻഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയണല്ലോ അല്ലെ Attention സത്വാനുരൂപ ശ്രദ്ധ എന്നിപ്പോ ഭഗവാൻ പറഞ്ഞു അറ്റൻഷൻ ശ്രദ്ധയുടെ Spark സ്പാർക്ക് Flame ഒരു ഫ്ലെയിം ആണത് Shraddha സംഗീതത്തിന്റെ ശ്രദ്ധയുണ്ടെങ്കിൽ Attention അറ്റൻഷൻ പോവും ശാപ്പാടിന് ശ്രദ്ധയുണ്ടെങ്കിൽ എവിടെ എവിടെ ഏത് ഏത് ഹോട്ടൽ ഉണ്ടോ അതൊക്കെ കണ്ടാൽ ശ്രദ്ധ പോവും ആരെങ്കിലും ഊണ് കഴിക്കണത് കണ്ടാൽ ശ്രദ്ധ Shraddha ഒരു ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം കാണാനുള്ള ശ്രദ്ധ ഉണ്ടാകും നോക്കിയാൽ അറ്റൻഷൻ അവിടെ പോകും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബാർബർമാരുണ്ടല്ലോ അവര് നമ്മുടെ മുഖത്തേ നോക്കില്ല തലയിൽ മാത്രമേ നോക്കൂ വെട്ടിക്കഴിഞ്ഞോ എന്നാണ് നോക്ക് അവരുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ തലയിലാണ് ഇങ്ങനെ നേരെ മേലയ്ക്ക് നോക്കൂ എതിലാണോ നമ്മളുടെ സംസ്കാരം അവിടെ ശ്രദ്ധ ഒരു ശാസ്ത്രം പഠിച്ച ആൾക്ക് ആ ശാസ്ത്രം പഠിച്ച ആളുടെ വിഷയത്തിൽ ശ്രദ്ധ ശിവഭക്തി ഉണ്ടെങ്കിൽ ശിവലിംഗം കാണുമ്പോൾ ശ്രദ്ധ വിഷ്ണു ഭക്തി ഉണ്ടെങ്കിൽ വിഷ്ണു മൂർത്തി കാണുമ്പോ ശ്രദ്ധ ഇത് കണ്ടിട്ടാണ് ഉപാസനയൊക്കെ നിശ്ചയിക്കണത്തേ ഒരാള് പ്രകൃതി ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ഈ ഭാവം വെച്ചുകൊണ്ട് സാമുദ്രികാലക്ഷണശാസ്ത്രം തന്നെ യോഗികൾക്ക് അറിയാം അതുകൊണ്ട് ഒരാൾ വരുമ്പോ തന്നെ ഇയാളുടെ ഇഷ്ടദൈവം എന്താണ് എന്ന് ഒരു ഗുരുവിനറിയും ഇതൊക്കെ ഇതൊന്നും ഇവിടെ ഒന്നും എല്ലാ ദൈവവും ഒന്നാണെന്നു പറഞ്ഞാൽ ശരിയാവില്ല എല്ലാ ദൈവവും ഒന്നാണ് കാരണം ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള ഒരു സിദ്ധാന്തം നമുക്കില്ല ഓൺലി വൺ ഗോഡ് എന്ന് നമ്മൾ പറയേ ഇല്ല നമ്മൾ പറയണത് ദർ ഈസ് ഓൺലി ഗാഡ് എന്നാണ് ദൈവമേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലാതെ ഒരു ദൈവമേ ഉള്ളൂ എന്നല്ല ദൈവമേ ഉള്ളൂ അല്ലാതെ ഒരു ദൈവം ഒരു സ്ഥലത്ത് പാവം തനിച്ചിരിക്കലും അങ്ങനെയല്ല ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് ദൈവമേ ഉള്ളു ഈശ്വരനെ ഉള്ളു അപ്പൊ അഭിവ്യക്തമാവണതൊക്കെ അത് തന്നെ അപ്പൊ അവരവരുടെ വാസനാ സംസ്കാര ഭാവത്തിനനുസരിച്ച് അന്തര്യാമി ഒരു ദർശനം കൊടുക്കും ഒരിഷ്ടഭാവം ആ ഭാവത്തിനെ പിടിച്ചുകൊണ്ട് സാധന ചെയ്താലേ അവന് ധ്യാനം ഉണ്ടാവുള്ളൂ അവന് ഏകാഗ്രത ഉണ്ടാവുള്ളൂ അവന്റെ ഇന്നർ ട്രാഫിക് ശരിയാവുള്ളൂ ആ ഭാവത്തിലുള്ള ആൾക്ക് വേറെ ഒരു ഭാവം കൊണ്ട് കൊടുക്കാൻ പാടില്ല അതിനനുസരിച്ച് ഭാവത്തിനനുസരിച്ച് വേണം മരുന്നു കൊടുക്കാൻ അതുകൊണ്ടാണ് പറയണത് അധ്യാത്മമായിട്ട് അത്ര പെട്ടെന്നൊന്നും ആർക്കും ഉപദേശിക്കില്ല സത് സത്യം അറിഞ്ഞ പരമ്പരയിലെ സമ്പ്രദായത്തിൽ വന്ന ആളുകള് കൂട്ടി നിർത്തി എല്ലാരും വരി വരിയായിട്ട് ഉപദേശമൊന്നും കൊടുക്കില്ല പതുക്കെ ഇരുന്ന് നോക്കി അറിഞ്ഞ് ഉള്ളിലുള്ള അന്തര്യാമി ഉപദേശിക്കണം വായു ഉപദേശിക്കാൻ പാടില്ല മന്തിരം ഓതുവാറുകൾ ഉപദേശിക്കൽ വേറെ ഓതുകാന്ന് തമിഴിൽ പറയും എന്താന്ന് വെച്ചാൽ ഡയറക്ട്ലി ഇറ്റ് ഇറ്റ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഹാർട്ട് ഒരു ഉപദേശം വായു കൊണ്ട് പറയല്ല ശക്തിപാദം എന്നാണ് പറയുക ഗുരുവിന്റെ ശിഷ്യനിലേക്കുള്ള സംക്രമണമാണത് ശക്തിപാദമാണ് ആ ശക്തിപാദം ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് സംഭവിച്ചാൽ ആ ശിഷ്യൻ ആ ജന്മത്തില് സക്സസ്ഫുൾ ആവാതിരിക്കില്ല സ്പിരിച്വലി പക്ഷെ അങ്ങനെ ശക്തിപാദം വേണമെങ്കിലോ ഈ ഗുരു ഏത് സംസ്കാരത്തിൽ ഏത് ഉപാസനാ സമ്പ്രദായത്തില് ഏത് സ്ട്രീമില് പ്രകൃതിയിൽ വന്നിരിക്കണോ ആ സ്ട്രീമിന്റെ ഉള്ളില് ഈ ശിഷ്യൻ ജനിക്കണം ഇയാളുടെ പ്രകൃതി അവിടെ സംക്രമിക്കണം ഇയാളുടെ ശ്രദ്ധാശക്തി അവിടെ ഒന്നാവണം അപ്പൊ ഈ ശ്രദ്ധാശക്തി വസ്തു ഉപലഭ്യത എന്ന് പറഞ്ഞു അല്ലെ ശിഷ്യനിലുള്ള ശ്രദ്ധാശക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് വയർലെസ് കണക്ഷൻ ഉണ്ടെങ്കിൽ വെറും പ്ലാസ്റ്റിക് സാധനമാണ് ഈ ഫോൺ കുറെ ഇരുമ്പും പ്ലാസ്റ്റിക്കും വെച്ചുകൊണ്ടുള്ള സാധനം ഒരു ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇതിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ വെറും ജഡം അതിനു സാധിക്കുമെങ്കിൽ അതിനെ കൺസീവ് ചെയ്തിട്ട് വെറും ബ്രെയിൻ സോഴ്സ് ആയിട്ടുള്ള ഈ കോൺഷ്യസ്നെസ്സിന് എന്താ സാധിക്കാത്തത് നമുക്ക് വിശ്വാസമില്ല അത്രയേ ഉള്ളൂ വിശ്വാസം എന്തുകൊണ്ടില്ല ഇന്റലിജൻസ് ഇല്ല ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൽ എന്തോ ഒരു യുക്തി ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും നമുക്ക് ബുദ്ധി ഇല്ല എന്ന് മനസ്സിലാവും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രേക്ക് nammal when you deny omnipotence of god you are declaring your foolishness iswarendra sarvagnyatvam mm sarvashaktimattvam andaryameyda sarvashakti matu oru beedathine ithray undakki aalkku evidu ningalde transfer cheyan language vaano language upadhi aavam oru mantra mu upadhi aavam oru darshanamu paadhi aavam പക്ഷേ അത് പ്രകൃത്യാ ആ നടക്കാൻ ഉള്ള വയറാണ് ശ്രദ്ധ അത് ശിഷ്യനിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് ശ്രദ്ധയെന്നും ഗുരുവിൽ അത് പ്രവർത്തിക്കുമ്പോൾ അതിന് കൃപ എന്നും ശക്തിപാദമെന്നും ഉപദേശമെന്നും ഒക്കെ പേരുമാറ്റി പറയണു രണ്ടു പേരുടെയും കമ്മ്യൂണിയനാണ് ഉപനിഷത്ത് അടുത്തിരിക്കുക നമുക്ക് പറയണത് ഗുരുവിന്റെ ശക്തി ശിഷ്യന്റെ ചിത്തത്തില് ഉള്ള ആവരണത്തിനെ നീക്കി അജ്ഞാനധ്വാതീപികടെയോ കേട്ടിട്ടുണ്ട് അജ്ഞാനധ്വാതീപിക അജ്ഞാനമാകുന്ന ഇരുളിനെ ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് നിവൃത്തിപ്പിക്കുന്നു ആ നിവൃത്തിപ്പിക്കണത് ആ ശ്രദ്ധാശക്തി കൊണ്ടാണ് ആ ശ്രദ്ധ ൂപത്തില് ഇപ്പൊ നമ്മള് ഇതിൽ ഞാനിപ്പോ ഗീതയിലേക്കോ പോണില്ല ഞാനിങ്ങനെ സ്വതന്ത്രമായി പറഞ്ഞുകൊണ്ടിരിക്കാ ശ്രദ്ധാമയോയം പുരുഷ ഈ പുരുഷൻ ശ്രദ്ധാമയനാണ് നമ്മളുടെ അധ്യാത്മ സാധനം മുഴുവനും നമ്മളുടെ ശ്രദ്ധയെ റീഫൈൻ ചെയ്ത് ഭക്തിമാർഗ്ഗത്തിലേക്കോ ജ്ഞാനമാർഗത്തിലേക്കോ യോഗമാർഗത്തിലേക്കോ കർമ്മയോഗമാർഗത്തിലേക്കോ ഏതോ വിധത്തില് ഉയർത്തിക്കൊണ്ടുവരാനും പ്രകൃതിയില് ആ അധ്യാത്മ അനുഭൂതിയെ ചിത്തത്തില് സന്നിവേശിപ്പിക്കാൻ ശ്രദ്ധാമയമാക്കാനുമാണ് അതുകൊണ്ട് ശ്രദ്ധാമയോ എം പുരുഷ യോട് ഭഗവാൻ പറഞ്ഞു അവൻ ഏത് വിധത്തിലുള്ള ശ്രദ്ധയാണോ അവന്റെ ഉള്ളിലുള്ളത് അർജുന ആ ശ്രദ്ധയാണ് അവൻ യത് ശ്രദ്ധ സഹ അവൻ യാതൊരു ശ്രദ്ധ അവന്റെ ഉള്ളിലുണ്ടോ അതാണവൻ ഈ ചെന്നൈയിലെ കന്തകോട്ടം മുരുകന്റെ അമ്പതണ്ട് അതിന് മുമ്പിൽ ഒരു സിദ്ധൻ ഇരിക്കണ്ടായിരുന്നു അത്ര അപ്പൊ ആളുകൾ ഇങ്ങനെ റോഡിൽ പോകുമ്പോ ഇയാൾ എന്തൊക്കെയോ പറയും അപ്പോ അദ്ദേഹത്തിന് എല്ലാവരുടെ ഉള്ളിലും കാണാൻ കഴിയും തോന്നുന്നു ഇപ്പൊ ഒരു വലിയ ജമീന്ദാർ ആ നാട്ടിലെ വളരെ വലിയ പണക്കാരൻ അയാൾ പോണു സ്വാമി ആര് വെന്താ നായി ജമീന്ദറിന് ദേഷ്യം വന്നു എന്നാലും സിദ്ധനല്ല എന്ത് കണ്ടു അദ്ദേഹം വിണ്ടാതെ പോയി അത് കഴിഞ്ഞ് ഒരു സ്ത്രീ വന്നു അവര് വന്ന് പഴമൊക്കെ കൊണ്ടുവന്ന് വെച്ച് നമസ്കരിച്ചു സ്വാമി യാറ് വന്ദിരിക്കാതിരിയുമാ നരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാൾ വന്നു കൊരങ്ങെന്ന് പറഞ്ഞു മയിൽ എന്ന് പറഞ്ഞു കൊറേ കഴിയുമ്പോ ഒരു ചെറിയ പയ്യൻ ഒരു വസ്ത്രം ഒരു ചെറിയ ഒരു തോർത്ത് മാത്രം ഉടുത്ത് ഇങ്ങനെ പോണ്ട് ഈ സിദ്ധൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അത്ര ഉണ്മയാന മനിതൻ പോകരല്ല മനുഷ്യൻ പോണെന്ന് ആ കുട്ടി ആരാണെന്ന് വെച്ചാൽ രാമലിംഗ സ്വാമികളുടെ കഥയിലാണത് വരാ രാമലിംഗ സ്വാമികൾ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ട് പറഞ്ഞു അത്ര ഒരു മനുഷ്യനെ കണ്ടു ഞാൻ എന്നാണ് അപ്പൊ കണ്ടത് പുറമേക്കുള്ള ശരീരത്തിനെ അല്ല അല്ലെ ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ ഒന്നും പോയി നിൽക്കാൻ പാടില്ല വളരെ ഡേഞ്ചറസ്ആ നമ്മൾ എന്ത് ഡ്രസ് ഇട്ടാലും അവര് ഉള്ളില് കാണും എന്ന് പറഞ്ഞാൽ അത് മുമ്പിൽ പോയി നിന്നാൽ നായി നരി കുരങ്ങുന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സൂക്ഷിക്ക